ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തുടക്കം മുതൽ കേട്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കണം എന്ന് താല്പര്യപ്പെടുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന ആ കാലഘട്ടത്തിൽ അന്ന് അന്നുണ്ടായിരുന്ന പരീശന്മാരും ഒക്കെ ആ കാലഘട്ടത്തിൽ അവർ യഥാർത്ഥ ആത്മീയത എന്താണ് എന്നവർ കണ്ടിട്ടില്ല യഥാർത്ഥത്തിലുള്ള നേതൃത്വം എന്താണ് എന്നവരെ കണ്ടിട്ടില്ല നേരത്തെ മലാഖി പ്രവാചകൻ്റെ കാലഘട്ടം വരെ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഒരു പ്രവാചകന്മാർ പോലും ഇല്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം ദൈവശബ്ദം കേൾക്കാത്ത ഒരു കാലഘട്ടം ആ സമയത്ത് ചടങ്ങുകൾ ആചാരങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത് അന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ മൊത്തം ഇരുപത്തി മൂന്നിലൊക്കെ യേശു ക്രിസ്തു ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെ ശാസിക്കുന്നത് കാണാം പുരോഹിതന്മാർ അവരുടെ പുരോഹിത ശുശ്രൂഷയും ചടങ്ങുകളും വേഷഭൂഷാദികളും ഒക്കെ ഈ കാര്യങ്ങളിലാണ് അവർ ഊന്നൽ നൽകുന്നത് പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാർ പോലും അവർ ഒരു ആളുകളിൽ നിന്ന് ദൂരെ മാറി മലയിൽ നിന്ന് ദൈവവുമായിട്ട് അവർക്ക് മാത്രം ബന്ധമുണ്ടായിരുന്നു എന്നാൽ ആ പ്രവാചകനന്മാരെ പോലും ഇപ്പോൾ കാണാനില്ല എന്നാൽ ഇപ്പോൾ ഈ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ജീവനില്ലാത്ത ചടങ്ങുകൾ മാത്രം ഉള്ള ആളുകളായിരിക്കുന്നു അവിടെ ഈ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ഒക്കെ ശാസിച്ച് മൊത്തം ഇരുപത്തി മൂന്നിലൊക്കെ യേശുക്രിസ്തു വളരെ കഠിനമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ കാണുന്നു നിങ്ങൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശിയുടെ പീഠത്തിലിരിക്കുന്നു ആകെയാൽ അവർ പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്വീൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ അതിനെ തുടർന്ന് അവരെക്കുറിച്ച് പറയുന്നു അഞ്ച് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കണ്ട കാണേണ്ടതിന് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു ആളുകൾ യഥാർത്ഥ ദൈവിക വഴി യഥാർത്ഥ ദൈവിക നേതൃത്വം എന്താണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഇതാ അവർക്ക് മന്ത്രപ്പെട്ട വീതിയാക്കി അവരെ റബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയമാകുന്നു പ്രധാന സ്ഥലം പള്ളിയിൽ മുഖ്യാസനം ആ രീതിയിൽ ഉള്ള ഒരവസ്ഥയിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ഒരു മൽക്കിസിതക്കിൻ്റെ ക്രമപ്രകാരം ഒരു വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ഈ ഭൂമിയിലേക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു നമ്മെ രക്ഷിക്കാനായിട്ടാണ് കർത്താവ് വന്നത് കർത്താവ് ഈ രക്ഷിക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്ന് കർത്താവിൻ്റെ ആ ജീവിതം മൽക്കി ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് മാറി മൽക്കീസേക്കിൻ്റെ ക്രമപ്രകാരം മറിഞ്ഞിരിക്കുന്ന മൽക്കീസിനെക്കുറിച്ച് നമ്മൾ മുൽപ്പത്തി പുസ്തകം പോലാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് മൽക്കീസേക്ക് വന്നു അവൻ അപ്പവും അതിനു മുമ്പ് നമ്മളൊന്നും മൽക്കീസിനെ വായിക്കുന്നില്ല പിന്നീട് നമ്മൾ ഇബ്രാഹിം ലേഖനത്തിൽ ഒരു പരാമർശം നമ്മൾ വായിക്കുന്നു അവിടെ ആവശ്യമുണ്ടായിരുന്നത് ക്ഷീണിച്ചു വന്ന ആ എബ്രഹാമിന് അവിടെ ആവശ്യമുണ്ടായിരുന്നത് അപ്പവും വീഞ്ഞുമായിരുന്നു അവനൊരു ആശ്വാസത്തിന് അവിടെ ഒരു പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല ആകെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു ആ വാക്കുകൾ തക്ക സമയത്ത് സഹായിച്ചു ഉടനെ മറഞ്ഞു നമ്മൾ അവിടെ ഉൽപ്പത്തി പുസ്തകം പതിനാലാമധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മൽക്കിസ്യതക്ക് പറഞ്ഞ ഒരു ഒരു സെൻറ്റൻസ് ഒരു അവിടെ പത്തൊൻപതാം വാക്യം ശാലയും രാജ പതിനെട്ടും ശാലയം രാജാവായ മൽക്കീസേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് വന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതാനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സെൻറ്റൻസാണ് പറയുന്നത് എന്താ പറയുന്നത് അവിടെ പറയുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ സ്വതോം രാജാവ് വരുന്നത് അപ്പോൾ സ്വതോം രാജാവ് വന്നപ്പോൾ ഉടനെ അബ്രഹാം ഹൃദയത്തിലേക്ക് ആ ഒരു വാക്ക് തന്നെ അബ്രഹാം ആവർത്തിക്കുന്നത് നമുക്ക് കാണാം അബ്രഹാമിന് പെട്ടെന്ന് ദൈവം അവനൊരു ആത്മാവിൽ ഒരു ബോധ്യം കൊടുത്തു ഞാൻ ഈ സ്വാതൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചരടാകട്ടെ ചെരുപ്പ് പാറാകട്ടെ അവനുള്ളത് യാതൊന്നും ഞാൻ എടുക്കരുത് എന്നിട്ട് ഇരുപത്തിമൂന്നാം വാക് വാക്യത്തിൽ അബ്രഹാം പറയുന്നത് എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവങ്കിലേക്ക് കൈ സത്യം ചെയ്യുന്നു അപ്പോൾ ഈ സെൻറ്റൻസ് എവിടെ നിന്ന് കിട്ടി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ അത്യുന്നത ദൈവമായ ഹോവങ്കിലേക്ക് കൈ ഉയർത്തി അപ്പോൾ അവൻ ആ സമയത്ത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ തൻ്റെ മുഴുവൻ ആശ്രയം വെച്ച് ദൈവം കൊടുക്കണം ആ സെൻറ്റൻസ് മൽക്കിസക്ക് കറക്റ്റ് ഒരു സെൻറ്റൻസ് പറഞ്ഞു അത് എബ്രഹാം ഹൃദയത്തിലെടുത്തു എബ്രഹാം അവിടെ ആ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല ദൈവമാണെന്നെ സഹായിച്ചത് അതുകൊണ്ട് നിൻ്റെ ഒരു ചെരുപ്പം വാറൊന്നും എനിക്ക് വേണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു പിന്നെ നമ്മൾ മൽക്കീസിനേക്കിനെക്കുറിച്ച് കാണുന്നില്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മെപ്പോഴും വെല്ലുവിളിക്കുകയും നമ്മെ ചലഞ്ച് ചെയ്യുകയും വീണ്ടും വീണ്ടും കർത്താവ് വലിയവനായ ദൈവം അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്ന് ഈ രീതിയിൽ എന്നെ രക്ഷിപ്പാനായിട്ട് അങ്ങ് വന്നല്ലോ നമ്മൾ ഫിലിപ്പ ലേഖനം രണ്ടാമദ്ധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അറാം അഞ്ച് മുതലുള്ള വാക്യം ക്രിസ്തു വേഷുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മന്ത്രപ്പെട്ട വീതിയാക്കി പ്രധാന സ്ഥാനങ്ങളും മുഖ്യാസനവുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഈ ആളുകളുടെ ഇടയിലേക്ക് ഒരു മൽക്ക്യതക്കിൻ്റെ ക്രമപ്രകാരം മറിഞ്ഞിരിക്കുന്ന ഒരു ജീവിതം താഴേക്ക് പോകുന്ന ഒരു ജീവിതം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദൈവം തന്നെയായിരുന്നു ഭൂമിയിലായിരുന്നപ്പോഴും വേശു എന്നാൽ മനുഷ്യൻ്റെ വേഷം വേഷമെടുത്ത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ തന്നെത്താൻ താഴ്ത്തി ഓരോ സാഹചര്യത്തിലും തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം താഴ്ത്തി ആ വഴി നമുക്ക് കാണിച്ചു കർത്താവ് പോയി എന്നിട്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മൾ യോഗനൻ പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പതിമൂന്നാം അധ്യായം നമ്മളെ യേശുവിൻ്റെ ജീവിതത്തിൽ ഈ ആളുകൾ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ അവരിങ്ങനെ സ്ഥാനം വേണം അവർക്ക് അത് വേണം അവരുടെ വേഷം ഇതെല്ലാം വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ വളരെ വ്യത്യസ്തനായി സാധാരണക്കാരനിലൊരുവരെ പോലെ പാപികൾക്ക് അവൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല യേശുവും ശിഷ്യന്മാരും ഒന്നിച്ചു പോയപ്പോൾ അവസാനം യേശുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് അവർക്ക് യേശു ആരാണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു യു കാശു കൊടുത്ത് മേടിക്കണമായിരുന്നു യേശുവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല യേശു അവരെ അവരുടെ ഇടയിൽ അവരെ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചു എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവീക ജീവൻ തൻ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു വ്യത്യസ്തനായ കൂട്ടത്തിൽ നിന്നു എന്നിട്ടിവിടെ നമ്മൾ യോഹനാൻ പതിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ കോണ്ടക്സ്റ്റ് നമുക്കറിയാം പെസഹ പെരുന്നാളിനെ മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിച്ചു അപ്പോൾ അങ്ങനെ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച് അതിനുശേഷം അവർ ഒന്നിച്ച് അവൻ പെസഹ കഴിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്ന അതിന് അതിനു മുമ്പ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ മൂന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു പിതാവും സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുടങ്ങി അവിടെ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു പാത്രവും പാത്രത്തിൽ വെള്ളവും യാത്ര ചെയ്ത് പൊടിപടലങ്ങളുമായിട്ട് വരുന്ന ആളുകളെ കഴുകാനായിട്ട് ഒരു ഒരു ദാസനും അവിടെ ഉണ്ടാകാറുണ്ട് സാധാരണ അന്നത്തെ ഹൂത പാരമ്പര്യമനുസരിച്ച് ആ രീതിയിലാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇവരവിടെ ചെന്നപ്പോൾ അങ്ങനെ പാത്രം വെള്ളവും ഒരു ദാസനും അവിടെയില്ല എന്നാലിത് അവിടെ ഉടനെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് യേശു അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു യേശു ശ്രദ്ധിച്ചിട്ട് തൻ വസ്ത്രം ഊരിവെച്ച് ഒരു തൂർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തൂർത്തുവാനും തുടങ്ങി യേശുവിൻ്റെ ഈ ജീവിതം ഞാൻ ഞാൻ ദാസനായി ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ സന്നദ്ധനായി എൻ്റെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കാണിച്ചു കൊടുത്ത ഒരു വികലമായ ക്രിസ്തീയത വികലമായ ക്രിസ്തീയ നേതൃത്വം ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് മൽക്കീസേതക്കിൻ്റെ ക്രമപ്രകാരം ഇതാ താഴേക്ക് പോകുന്നത് കാൽ കഴുകുന്നത് മറഞ്ഞിരിക്കുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് രഹസ്യത്തിൽ കൊടുക്കുന്നത് പിതാവിൻ്റെ മുമ്പിൽ രഹസ്യത്തിലുള്ളൊരു ജീവിതം അത് യേശു കാണിച്ചു കൊടുത്തു അത് എനിക്കും എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഒരു വെല്ലുവിളിയാണ് നാം ആയിരിക്കുന്ന ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലും ക്രിസ്തീയ കാലഘട്ടത്തിലും ഇന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് ഇത് പരീശന്മാരുടെയും അന്നത്തെ ശാസ്ത്രിമാരുടെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞു യേശു വന്നു വ്യത്യാസം അത് വരുത്തി കാര്യങ്ങളെല്ലാം മാറി എന്നാണ് എന്നാൽ ഇന്ന് വീണ്ടും നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്തീയ ലോകത്തേക്ക് നാം നോക്കുമ്പോൾ കാര്യങ്ങൾ വീണ്ടും അതേ രീതിയിലായിരിക്കുന്നു ഇന്ന് എന്നെ റബി എന്ന് വിളിക്കണം എന്നാഗ്രഹിക്കുന്നതിന് പകരം എന്നെ മറ്റെന്തെങ്കിലും ഒരു പേര് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാസ്റ്റർ എന്നായിരിക്കുക ഞാൻ ചിലപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ ചിലർ അവർ പറയുന്നത് ഞാൻ സാധാരണ പാസ്റ്റർ എന്ന ഒരാൾ ഞാൻ ഒരാളിനെക്കുറിച്ച് സ്ഥിരമായിട്ട് കാണാറുണ്ട് അദ്ദേഹം ചിലപ്പോഴൊക്കെ കാണും ബിഷപ്പ് പിന്നെ സോ ആൻഡ് സോ പാസ്റ്റർ എന്ന് മാത്രമല്ല ചിലർ ബിസ്റ്റ് പിന്നെ വേർപെട്ട സമൂഹത്തിൽപ്പെട്ട ഒരാൾ ബിഷപ്പ് സോ ആൻസോ എന്ന് വിളിക്കാനായിട്ട് ആഗ്രഹി ആഗ്രഹിക്കും നമുക്കിന്നും ആ രീതിയിൽ പഴയ നിയമ കാലഘട്ടത്തിലെ പോലെ ഒരു പുരോഹിതനെ പോലെ ദൂരെ ആളുകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പാണ് നമ്മുടെ ചുറ്റിനും ഇന്ന് കാണും കാണുന്നത് അതിൻ്റെ മധ്യത്തിലാണ് സാക്ക് ബ്രദർ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് നമ്മുടെ ഈ ചർച്ച് ഇതുപോലെ ഒരു ചർച്ചിന്റെ ഭാഗമായി നമുക്ക് തീരാനും നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ യേശുവിൻ്റെ കാൽച്ചെടുകളെ പിൻപറ്റി മുമ്പോട്ട് പോകുന്ന കുറേ അങ്ങനെയുള്ള സഹോദരന്മാരെ സഹോദരിമാർ സഹോദന്മാരെ നമുക്ക് കാണുവാനും നമുക്ക് കഴിയുന്നത് ആ രീതിയിലുള്ള സാക്ക് ബ്രദർ അതിനൊരു മുൻമാതൃകയായിട്ട് അദ്ദേഹം നിന്നു ആ ബ്രദറ് തൻ്റെ സ്വന്തം കൈകൊണ്ട് താൻ അധ്വാനിച്ച് താൻ ഈ ഭൂമിയിൽ ഇവിടെ ഇപ്പോഴും തൻ്റെ എൺപതിനടുത്ത് പ്രായമുള്ള ഇവിടെ വരുമ്പോൾ ഞാൻ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് ഓരോ ഈ ബ്രദറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും താൻ മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വന്ന് എൻ്റെ എൻ്റെ നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ നമുക്കൊരു അസിസ്റ്റൻ്റ് ഞാൻ ഒരിക്കലും ഓർക്കുന്നു ഒരിക്കൽ ഞാൻ ഞങ്ങൾ കോഴിക്കോട്ട് താമസിച്ചിരുന്ന ഒരു സമയത്ത് അന്ന് ബ്രദറിന് തോന്നുന്നു എഴുപത് അന്നും തൻ്റെ ഏകദേശം എഴുപത് വയസ്സെങ്കിലും അടുത്ത് പ്രായമായിട്ടുണ്ടോ അല്ലെങ്കിൽ തൻ്റെ അറുപതുകളിൽ ആയിരിക്കുന്ന അപ്പോൾ വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഒരു അന്ന് അവിടെ ഒരു കോഴിക്കോട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ വന്നത് അവിടെ വന്നപ്പോൾ വീട് രണ്ട് നിലയാണ് അപ്പോൾ വ്രതറിൻ്റെ കയ്യിൽ ഒരു വലിയ ബാഗുണ്ട് ഒരു വലിയ പെട്ടിയുണ്ട് അപ്പോൾ ഞാനത് പിന്നെ അവിടെ വന്നു താഴെ വന്നപ്പോൾ ഈ പെട്ടിയെടുത്ത് ന മുകളിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഉടനെ ഞാൻ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കാണുന്നില്ല പെട്ടിയും കാണുന്നില്ല ബ്രദന ബ്രദ തന്നെ പെട്ടിയൊക്കെ എടുത്ത് മുകളിലേക്ക് പോയി ഓരോ കാര്യങ്ങളിലും ഞാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റിനുമുള്ള ഒരു ക്രിസ്തീയ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചേർച്ചിലും ഇങ്ങനെയുള്ള പല സൗരന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്കും ഇന്ന് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ കുറിച്ചും നമുക്ക് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും വ്യക്തതയും നമുക്ക് ഉള്ളത് നല്ലതാണ് അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ യേശു കാണിച്ചു തന്ന ഈ ഒരു മാതൃക ആ മാതൃക ഇന്ന് വളരെ വികലമായി ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്തീയതയിലും മാറിയിരിക്കെ നമുക്ക് വീണ്ടും ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും കർത്താവെ ഞാൻ എന്നെ എന്തെങ്കിലുമൊന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ കർത്താവെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ കാൽ കഴുകാനും മറഞ്ഞിരിക്കാനും ആ ഒരു വഴി മാത്രം തുടരാനായിട്ട് എന്നെ സഹായിക്കണമേ ഒരിക്കലും കർത്താവെ ഞാൻ എന്നെ തന്നെ ഉയർത്തരുത് കർത്താവെ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവിൻ്റെ മുമ്പിൽ രഹസ്യത്തിൽ മുമ്പോട്ട് പോകാൻ എന്നെ സഹായിക്കണമേ ഞാൻ ചിലപ്പോൾ ഞങ്ങൾ ജോജിബേറും ജോസ് ബ്രേറും ഞങ്ങൾ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ചിലപ്പം ചിലപ്പം ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ചിലപ്പം ജോസ് ബേറിന് തോന്നും ഞാനും വേണ്ടുമണ്ണം എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നിറവേറാൻ പറ്റുന്നില്ലല്ലോ ഉടനെ ഞാൻ പറയും ബ്രഹർ ഞാനും തിരക്കും എനിക്കും പറ്റുന്നില്ല അപ്പോൾ ഉടനെ ഞങ്ങൾ രണ്ടുപേരും ജോജിബേറിനോട് പറയും ജോസ് പറയും എനിക്കെന്നാൽ ഇതൊന്ന് മാറിയാലോ ഉടനെ ചിലപ്പോൾ ഞാൻ പറയല്ല ബ്രേറെ എനിക്കും എന്നാൽ ഞാനും അപ്പോൾ ബ്രേർ പറയല്ല അങ്ങനെയല്ല അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു ത്രിവാത്തി നിൽക്കുന്നത് അത് നിങ്ങളുടെ രക്ഷയാണ് നിങ്ങൾ ആ വഴിയെ പോകണം അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു കർത്താവെ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യവും നമ്മുടെ തലയിൽ പിടിക്കാതെ കർത്താവെ ഈ അങ്ങ് കാണിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ മാതൃക ഈ ഒരു വഴി ആ വഴിയിൽ എനിക്ക് പോകണം വേണ്ടുമണ്ണം ആ വഴിയെ പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കർത്താവേ വേണ്ടുമണ്ണം കാലുകൾ കാൽ കഴുകുവാൻ എനിക്ക് പറ്റിയിട്ടില്ല വേണ്ടുമണ്ണം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ കർത്താവേ ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ചിലർക്ക് പബ്ലിക്കായിട്ടുള്ള ചില എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ചിലർക്ക് അത് രഹസ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ അവസരം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ നമ്മുടെ ടോയ്ലറ്റ് കഴുകാനായിട്ട് ടോയ്ലറ്റ് കഴുകാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഡ്യൂട്ടിയാണ് അപ്പോൾ ഡ്യൂട്ടി ഞങ്ങളുടെ കുടുംബത്തിനും ഒരു ദിവസം ഡ്യൂട്ടിയുണ്ട് ജോജി പറഞ്ഞൊരു ഡ്യൂട്ടി ഉണ്ട് ഞങ്ങളൊക്കെ ഓരോരുത്തരും ഈ ഡ്യൂട്ടി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഓക്കെ ഞാനൊരു ഉത്തരവാദിത്തം സാധാരന്മാർ ഈ ഉത്തരവാദിത്തം എടുക്കുക ഓക്കെ അല്ല കക്കൂസ് കഴുകണോ അതിനും അല്ല വേസ്റ്റ് കളയാനോ എല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ എന്താണെങ്കിലും കർത്താവെ എനിക്കത് നിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ് അങ്ങയുടെ മുമ്പാകെ രഹസ്യത്തിൽ അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് ജീവിക്കണം അങ്ങ് പോയ ഈയൊരു ഈയൊരു ചലഞ്ചിങ് വഴി കർത്താവെ മൽക്കീസിദേഖിൻ്റെ ക്രമപ്രകാരം മറിഞ്ഞിരിക്കുന്ന കർത്താവെ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവനെപ്പോലും നൽകുവാനായിട്ട് കർത്താവെ ക്രൂസിലോ ക്രൂസിൻ്റെ ക്രൂ തന്നെ തന്നെ താഴ്ത്തി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഈയൊരു വഴി താഴ്മയുടെ വഴി നുറുക്കത്തിൻ്റെ വഴി അതെന്നിൽ നിന്നും വിട്ടുപോകരുതേ കർത്താവെ എന്നുള്ളൊരു ആഗ്രഹത്തോടെ എപ്പോഴെങ്കിലും അങ്ങെന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് ചെയ്യാം അത് ഓക്കെ ഇപ്പോൾ അത് മതി ഇത് ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മറ്റൊരു കാര്യം ചെയ്യും അതിന് തയ്യാറായി അങ്ങനെയുള്ള ഒരു വിധേയതോടെ നമുക്കെപ്പോഴും ആയിരപ്പാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഈ ഒരു പുതിയ നിയമ പുതിയ നിയമ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത യേശുവിൻ്റെ മാതൃക ക്രിസ്ത്യൻ യഥാർത്ഥത്തിലുള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റ് ലീഡർഷിപ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വളരെ വളരെ നല്ല രീതിയിൽ അത് ഉണ്ടാകാനും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അങ്ങനെ മറഞ്ഞിരുന്ന് ഉള്ള ഒരു ജീവിതം നമുക്ക് ആഗ്രഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കും